ണ്ടായിട്ട് നമുക്ക് ഈ വെള്ളിയാഴ്ചയും ദൈവസന്നിധിയിൽ പല സ്ഥലങ്ങളിലിരുന്നാണെങ്കിലും ഒന്നിച്ച് ദൈവമുഖത്തേക്ക് നോക്കാനും ദൈവത്തെ സ്തുതിപ്പാനും പ്രാർത്ഥിപ്പാനുമൊക്കെ ഇങ്ങനെ ഒരു അവസരം ദൈവം തന്നല്ലോ നമ്മളെ വെള്ളിയാഴ്ച കൂടുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവത്തിൻ്റെതായ വിധത്തിൽ ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മളെ പഠിച്ചു വരികയായിരുന്നു നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് മലാഖിയുടെ പുസ്തകം ഒന്നാമധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം നമുക്ക് നോക്കാം മലയാഖിയുടെ പുസ്തകം പഴയ നിയമത്തിലെ ഒടുവിലത്തെ പുസ്തകം മലാഖിയുടെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമനം വരെ എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാകുന്നു എല്ലായിടത്തും എൻ്റെ നാമത്തിന് ധൂപവും നിർമ്മലമായ വഴിപാടും അർപ്പിച്ചു വരുന്നു ഇവിടെ നമ്മൾ പ്രസക്തമായ ഭാഗം എല്ലായിടത്തും എൻ്റെ നാമത്തിന് നിർമ്മലമായ ഒരു സാക്ഷ്യം നിർമ്മലമായ ഒരു സാക്ഷ്യം ആണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നു അവിടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇവിടെ കാണുന്നത് എല്ലായിടത്തും ദൈവത്തിനൊരു നിർമ്മലമായ സാക്ഷ്യമുണ്ടാകണം എന്ന് ദൈവം നമുക്കറിയാം ദൈവം പ്രവർത്തിച്ചു കാലഘട്ടത്തിൽ പഴയ ദൈവത്തിൽ ദൈവം ഒറ്റയൊറ്റ ആളുകൾ വഴിയാണ് തൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മത്തായി എഴുതിയ സവിശേഷം പതിനാറാം അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ സഭയിലൂടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി പഴയ നിയമത്തിൽ ഒറ്റയൊറ്റ വ്യക്തികൾ അവര് നിർമ്മലരായിരുന്നാൽ മതി അവര് അപ്പം ദൈവത്തിനായിട്ടൊരു നിർമ്മലമായ സാക്ഷ്യം അവർക്ക് സ്ഥാപിക്കാനായിട്ട് കഴിയും മോശയുടെ കാര്യം അല്ലെങ്കിൽ യോശിയുടെ കാര്യം അല്ലെങ്കിൽ ദാവീദ് അവരവരുടെ കാലഘട്ടത്തിൽ ഒറ്റയ്ക്ക് നിന്ന ആളുകൾ അവരിലൂടെയായിരുന്നു ദൈവപ്രവൃത്തി എന്നാൽ പുതിയ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ അങ്ങനെയുള്ള ഒറ്റയൊറ്റ വ്യക്തികളിലൂടെ അല്ല ദൈവത്തിൻ്റെ ഒറ്റയൊറ്റ വ്യക്തികൾ എത്ര ആൽമീകരായ ആളുകളാണെങ്കിലും ദൈവത്തിനൊരു നിർമ്മലമായ സാക്ഷ്യമായിട്ട് ദൈവം പടുത്തുയർത്താൻ ആഗ്രഹിക്കുന്നത് തൻ്റെ സഭയാണ് അതുകൊണ്ടാണ് അന്നത്തായി പതിനാറിൻ്റെ പതിനെട്ടിലെ നമ്മൾ സഭയിലൂടെ ദൈവപ്രവർത്തി അതാണ് പുതിയ ഉടമ്പടിയിലെ ദൈവം ചെയ്യുന്നത് എന്ന കാര്യം നമ്മൾ ചിന്തിച്ചത് ഞാൻ എൻ്റെ സഭയെ പണി അപ്പോൾ തന്നെ തൻ്റെ സഭയെ പണിയുമ്പോൾ തന്നെ അത് ഓരോ സ്ഥലത്തും ദൈവത്തിനൊരു നിർമ്മലമായ സാക്ഷ്യമായിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് മലക്കി ഒന്നിൻ്റെ നമ്മൾ വായിച്ചതുപോലെ എല്ലായിടത്തും ദൈവത്തിനൊരു നിർമ്മല സാക്ഷ്യമായി ദൈവത്തിൻ്റെ സഭ ഉണ്ടാകണം ദൈവത്തിന്റെ സഭ അങ്ങനെ ഒരു നിർമ്മല സാക്ഷ്യം അത് പുലർത്തണം ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം സഭയ്ക്ക് എങ്ങനെയാണ് നിർമ്മലമായ ഒരു സാക്ഷ്യം പുലർത്താൻ കഴിയുന്നത് സഭയിലുള്ള വ്യക്തികളുടെ നിർമ്മലമായ സാക്ഷ്യമാണ് മൊത്തത്തിൽ വരുമ്പോൾ സഭയുടെ സാക്ഷ്യമായിട്ട് വരുന്നത് സഭയെന്ന് പറയുന്നത് ആ നമ്മൾ നോക്കുമ്പോ അതൊരു കാന്തയായിട്ട് ഒന്നിച്ച് ഒരു ഒരു സംഘാതമായിട്ട് പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മളതിനെ പഠിച്ചു വരുമ്പോൾ ഓരോ പ്രാദേശിക സഭയിലും ആ പ്രാദേശിക സഭയുടെ സാക്ഷ്യം ആ പ്രാദേശിക സഭയിൽ അംഗമായിരിക്കുന്ന ആളുകൾ സമൂഹത്തിൽ കാഴ്ചവെക്കുന്ന ഒരു സാക്ഷ്യത്തിൻ്റെ ആകത്തുകയായിരിക്കും അപ്പോൾ സഭാംഗങ്ങളുടെ സാക്ഷ്യം അത് കാര്യമല്ല സഭ മുന്നോട്ട് വെക്കുന്ന കുറേ ഉപദേശങ്ങൾ നല്ലതായിരുന്നാൽ നിർമ്മലമായ ഒരു സാക്ഷ്യമുണ്ടാകും എന്ന് നമ്മൾ കരുതരുത് നമ്മൾ ഓരോ പ്രദേശത്തും ദൈവത്തിന് നിർമ്മലമായ ഒരു സാക്ഷ്യമുണ്ടാകുന്നത് ദൈവത്തിൻ്റെ ആ സ്ഥലത്തുള്ള പ്രാദേശിക സഭയിലൂടെയാണ് ആ സഭയിലെ തന്നെ അംഗങ്ങളുടെ നിർമ്മലമായ ഒരു സാക്ഷ്യമാണ് സഭയുടെയും മൊത്തത്തിലുള്ള ഒരു സാക്ഷ്യമായി തീരുന്നത് പ്രിയപ്പെട്ടവര് ആയിരത്തി തൊള്ളായിരത്തി ബാംഗ്ലൂരിൽ നമ്മൾ ആദ്യത്തെ സി എഫ് സിയുടെ പ്രാദേശിക സഭയെ ആരംഭിക്കുമ്പോൾ അന്ന് ഈ വാക്യമായിരുന്നു മലയാക്കി ഒന്നിൻ്റെ പതിനൊന്നായിരുന്നു ഒരു കുറിവാക്യമായിട്ട് എടുത്തിരുന്നത് അവിടെ എപ്പോഴേ അതിന് തുടങ്ങിയ സഹോദരന്മാരുടെ ഹൃദയത്തിലുള്ള ഭാരം പല സഭകള് ഈ കാലഘട്ടത്തിലുണ്ട് പക്ഷെ പല സഭകളും പണം കൊണ്ടോ പണത്തിനു വേണ്ടിയുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരങ്ങൾ പകയും പിണക്കും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ട് സമൂഹത്തിൻ്റെ മുമ്പാകെ ദൈവത്തിനൊരു നിർമ്മല സാക്ഷ്യമായിരിക്കുന്നില്ല എന്നാൽ നമ്മളൊരു നിർമ്മല സാക്ഷ്യമാകണം എന്നുള്ള ഒരു ഭാരത്തിലാണ് ഈ വാക്യം മലാക്കി ഒന്നിൻ്റെ പതിനൊന്ന് എവിടെയും ദൈവത്തിനൊരു നിർമ്മലമായ സാക്ഷ്യമുണ്ടാകുക എന്ന വാക്യം കുറിവാക്യമായിട്ടെടുത്ത് എഴുപത്തി അഞ്ചിൽ ആ നിലയിൽ ആദ്യത്തെ പ്രാദേശിക സഭാ ബാംഗ്ലൂരിൽ ആരംഭിക്കാനിടയായത് എന്ന സാഗ്ദാറെ തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് സഭയുടെ സാക്ഷ്യം വ്യക്തികളുടെ സാക്ഷ്യമാണെന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ദൈവമുമ്പാകെ ദൈവവചനത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ വ്യക്തിപരമായി ദൈവത്തോട് ബന്ധമുള്ളവരും വ്യക്തിപരമായി ദൈവമുമ്പാകെ ജീവിക്കുന്നവരുമായിരിക്കണം രണ്ടു കോരിൻ്റെ ഏഴാം അധ്യായവും അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ നമ്മളെ വായിക്കുന്നത് ദൈവത്തെ ഭയപ്പെടുന്നവരായിരിക്കണം സ്വന്തം ജഡത്തിലെയും ആത്മാവിലെയും മാലിന്യങ്ങൾ ദൈവഭയത്തിൽ കഴുകി കളയുന്ന ആളുകളെ കുറിച്ചാണ് ഈ രണ്ട് കോവിൻ്റെ റേജിൻ്റെ ഒന്നിൽ നമ്മൾ വായിക്കുന്നത് നമ്മളാരും എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മളാരും പൂർണരായ മനുഷ്യരല്ല എന്നാൽ ദൈവീക വിളിച്ചത്തിൽ നമ്മുടെ ജഡത്തിലെ മാലിന്യം അത് നമ്മൾ കുറച്ച് പ്രകടമാണ് എന്നാൽ ആൽമാവിലെ മാലിന്യം കുറച്ചുകൂടെ സട്ടിലാണ് കുറച്ചുകൂടെ ആഴത്തിലുള്ളതാണ് അത്ര വേഗത്തിൽ അത് മനസ്സിലാവുകയില്ല എന്നാൽ ദൈവികമായ ഒരു വെളിച്ചത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ജഡത്തിലെ മാത്രമല്ല ആത്മാവിലെയും മാലിന്യങ്ങൾ കാണാനായിട്ട് കഴിയും അങ്ങനെ കാണുമ്പോൾ അതിനെ ന്യായീകരിക്കാതെ ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് കർത്താവിൻ്റെ രക്തത്താലുള്ള പ്രാപിച്ച് അതിൽ നിന്ന് വിടുതല് പ്രാപിച്ച് പിന്നെയും പിന്നെയും തങ്ങളുടെ വിശുദ്ധിയെ തികയ്ക്കുന്നവരായിട്ട് വ്യക്തിപരമായിട്ട് ഈ സപാംഗങ്ങളായിരുന്നാൽ ആ സപാംഗങ്ങൾക്ക് നിർമ്മലമായ ഒരു സാക്ഷ്യമുണ്ടാകും അവരായിരിക്കുന്ന സഭയ്ക്ക് സമൂഹത്തിൻ്റെ മുൻഭാഗം നിർമ്മലമായ ഒരു സാക്ഷ്യം കാഴ്ചവെക്കാനായിട്ട് കഴിയും ഒന്ന് തീമത്യോസ് നാലാമത്യായം അതിൻ്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിൽ പൗലോസ് തൻ്റെ വിശ്വാസത്തിൽ നിജപുത്രനായ തീമത്യോസിനോട് പറയുന്നത് നീ ഒന്നാമത് നിന്നെ തന്നെ സൂക്ഷിച്ചുകൊള്ളണം നമ്മളവിടെ വായിക്കുന്നത് നിന്നെ തന്നെയും നിൻ്റെ ഉപദേശത്തെയും സൂക്ഷിച്ചുകൊള്ളുക എന്നാണ് പ്രായമുള്ള ദൈവദാസനായ പൗലോസ് ദൈവദാസനായ തൻ്റെ വിശ്വാസത്തിൽ നിന്റെ പുത്രൻ എന്ന് താൻ വിളിക്കുന്ന തീമത്യോസിനോട് പറയുന്നത് അപ്പൊ എങ്ങനെയാ ഉപദേശം ഉപദേശത്തെ സൂക്ഷിച്ചാൽ മാത്രം പോലെ അവിടെയല്ല അതിൻ്റെ തുടക്കം ആ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നിന്നെ തന്നെയും അവിടാണ് അതിൻ്റെ തുടക്കം ഒന്നാമത് വ്യക്തി വ്യക്തി ഒന്നാമത് നിന്നെ തന്നെ നീ സൂക്ഷിക്കണം പിന്നെ നീ നിന്റെ ഉപദേശത്തെ സൂക്ഷിക്കണം പ്രിയപ്പെട്ടവരെ അങ്ങനെ മാത്രമാണ് നമുക്ക് ആ നിർമലമായ ഒരു സാക്ഷ്യം ഉള്ള ഒരു പ്രാദേശിക സഭയായിട്ട് നിൽക്കാൻ കഴിയുന്നത് അപ്പോ ആ ഒരു കാര്യം കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതിലൊരു പങ്കാളിത്തമുണ്ട് എന്ന് കാണാൻ കഴിയും നമ്മൾ മത്തായി പതിനാറിൻ്റെ പതിനെട്ടിൽ വായിച്ചത് ഞാൻ എൻ്റെ സഭയെ പണിയും ദൈവമാണ് തൻ്റെ സഭയെ പണിയുന്നത് നൂറ്റി ഇരുപത്തി ഏഴാം ഒന്നാമത്തെ വാക്യത്തിൽ യഹോവാ വീട് പണിയാതിരുന്നാൽ ദൈവത്തിന്റെ വീടാണല്ലോ ദൈവത്തിന്റെ ഭവനമാണല്ലോ സഭ ആ ഭവനം യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാധ്വാനിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മളല്ല പണിയുന്നത് ദൈവം തന്നെയാണ് പണിയുന്നത് യശ്യാവ് ഒൻപതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ ആധിപത്യം ദൈവത്തിൻ്റെ തോളിലാണ് എന്ന് നമ്മളെ വായിക്കുന്നു ദൈവത്തിൻ്റെ തോളിലാണ് ആധിപത്യം അവിടുത്തെ തോളിലാണ് അപ്പോൾ ദൈവം തന്നെയാണ് അത് ചെയ്യുന്നത് നമ്മൾ എന്നാൽ ദൈവത്തോട് ചേർന്ന് സഹപ്രവർത്തിക്കാരായിട്ട് നിൽക്കണം അപ്പോൾ ദൈവമാണ് ഈ കാര്യം ചെയ്യുന്നത് സഭയുടെ പണി നടത്തുന്നത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടായി ദൈവത്തിന് സകല മഹത്വവും കൊടുത്ത് നമ്മൾ പശ്ചാത്തലത്തിൽ ദൈവം അനുവദിക്കുന്ന അളവിൽ നിൽക്കുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത് അല്ലാതെ നമ്മൾ തന്നെയാണ് ചിലർ വിചാരിക്കും നമ്മുടെ കഴിവ് നമ്മുടെ പണം കൊണ്ടോ നമ്മുടെ ഉപദേശങ്ങളിലെ നമുക്ക് വളരെ ദൈവജനമറിയ അല്ലെങ്കിൽ ഉപദേശങ്ങൾ അറിയാം നമ്മുടെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളിൽ തന്നെയാണ് ഊന്നൽ നമ്മുടെ പണം നമ്മുടെ കഴിവ് നമ്മുടെ ആ പ്രവർത്തനത്തിൻ്റെ അങ്ങനെ നമ്മൾ ഊന്നിയാൽ ദാനയിൽ നാലിൻ്റെ മുപ്പതിൽ നമ്മൾ വായിക്കുന്നുണ്ട് നിപഗ്നേശ്വർ രാജാവ് താന പറയുന്നു ഇത് ഞാൻ എൻ്റെ പ്രതാപമഹത്വത്തിനായി പണിത മഹതിയാം ബാബിലോണല്ലയോ എന്ന് വായിക്കുന്നു അപ്പോ പ്രിയപ്പെട്ടവരെ ദൈവത്തിലൂന്നാതെ നമ്മിൽ ഊന്നിത്തന്നെ നമ്മൾ സഭ പണിയാൻ തുടങ്ങിയാൽ അത് ഒടുവിൽ എന്തായിത്തീരും ബാബിലോണായി മാറും വെളിപ്പാട് പുസ്തകം പതിനേഴിൻ്റെ അഞ്ചിലും നമ്മൾ വായിക്കുന്നുണ്ട് മഹദിയാം ബാബിലോൺ സഭയുടെ പണിയുമായിട്ട് ചേർത്ത് ഈ ബാബിലോണിനെ പണി പറയുന്നുണ്ടല്ലോ അപ്പം ബാബിലോൺ പണിയുന്നത് നിവഗ്നേശ്വർ രാജാവ് പറഞ്ഞു ഞാൻ എൻ്റെ പ്രതാപ നോക്കുക തന്നിൽ തന്നെയാണ് ഊന്നൽ അങ്ങനെ പണിയുന്നതെല്ലാം ബാബിലോണായിരിക്കും എന്നാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു നിർമ്മല സാക്ഷ്യമുണ്ടാകാൻ ഒന്ന് നമ്മൾ ദൈവമാണ് സഭയെ പണിയുന്നത് ദൈവത്തിൻ്റെ പിന്നാലെ നമ്മളൊരു നിർമ്മല സാക്ഷ്യം വ്യക്തിപരമായിട്ട് ദൈവത്തെ ഭയപ്പെട്ട് വിശുദ്ധിയെ തേക്കുന്നവരായിട്ടും ഒന്നാമത് നമ്മെ തന്നെയും പിന്നീട് ഉപദേശത്തെ സൂക്ഷിക്കുന്നവരായിട്ടും നിന്നാൽ ദൈവം നമ്മെ കൈവിടുകയില്ല നമുക്ക് ഓരോ പ്രദേശത്തും ഒരു നിർമ്മല സാക്ഷ്യം ഉണ്ടാക്കാനായിട്ട് കഴിയും എല്ലായിടത്തും ദൈവത്തിനൊരു നിർമ്മല സാക്ഷ്യം തൻ്റെ സഭയിലൂടെ ഉണ്ടാകണം എന്നതാണ് ദൈവത്തിൻ്റെ ഭാരം എന്നായിരുന്നല്ലോ നമ്മൾ ചിന്തിച്ചത് അങ്ങനെയാണെങ്കിൽ ദൈവത്തിനോടൊപ്പം നമ്മൾ ഒരു സഭയെ നിർമ്മല സാക്ഷ്യമുള്ള ഒരു സഭയെ പടുത്തുയർത്താൻ നമ്മുടെ ഭാഗത്ത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ധന്യത അങ്ങനെയാണെങ്കിൽ അത് യാഥാർത്ഥ്യമായി തീരാൻ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ എന്തെല്ലാമാണ് ചെയ്യേണ്ടത് പ്രധാനമായിട്ട് കർത്താവ് ആണല്ലോ നമുക്ക് എല്ലാത്തിനും മാതൃക കർത്താവിനെക്കുറിച്ച് എഫ് എ സി അഞ്ചിൻ്റെ നമ്മൾ കാണുന്നത് ക്രിസ്തു തന്നെ തന്നെ സഭയ്ക്കായിട്ട് നൽകി എന്നാണ് വായിക്കുന്നത് സഭ അതിനായിരുന്നു കർത്താവിൻ്റെ ജീവിതത്തിൽ താൻ തന്നെ തന്നെ ഒന്നാമതായിട്ട് നൽകിയത് സഭയ്ക്ക് വേണ്ടിയാണ് കാൽവറി ക്രൂശിൽ താൻ പരമയാഗമായി ആ പരമയാഗത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്ന ആളുകളെയാണ് പരിശുദ്ധാത്മാവ് സഭയുടെ ഭാഗമായി സഭാംഗങ്ങളായി ചേർത്ത് കൊണ്ടിരുന്നത് അപ്പോൾ കർത്താവ് തൻ്റെ ജീവിതം തന്നെ അതിനായിട്ട് നൽകി അതുപോലെ തന്നെ ഇന്ന് അവിടുന്ന് ചെയ്യുന്നു ഇവിടുന്ന് ഇന്ന് അവിടുന്ന് പിതാവിൻ്റെ സന്നിധിയിൽ ഈ സഭയ്ക്കായിട്ട് മധ്യസ്ഥത ചെയ്തു കൊണ്ടേയിരിക്കുന്നു ഈ സഭയെ ചേർപ്പാനായിട്ട് താൻ വരും അപ്പോൾ നോക്കുക കർത്താവിൻ്റെ ജീവിതത്തിൽ ഭൂതകാലത്തിലും വർത്തമാനകാലത്തിലും ഭാവി കർത്താവ് തന്നെ തന്നെ പൂർണ്ണമായി നൽകിയിരിക്കുന്നത് സഭയ്ക്ക് വേണ്ടിയാണ് എഫ് എസ് സി റഞ്ചിൻ്റെ ഇരുപത്തിയഞ്ച് കർത്താവ് അങ്ങനെയാണ് ചെയ്തത് തന്നെ തന്നെ പൂർണമായി സഭയുടെക്കായിട്ട് ഏൽപ്പിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം നമ്മൾ നേരത്തെ ഒരിക്കൽ പറഞ്ഞതുപോലെ നോഹയുടെ പെട്ടകം പണിയാനായിട്ട് നോഹ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞതുപോലെ കർത്താവിൻ്റെ സഭ പണിയുന്നതിന് ജീവിതത്തിൽ നമ്മളും ഒന്നാം സ്ഥാനം നൽകണം ദൈവത്തിനായിട്ടൊരു പ്രവൃത്തി ചെയ്യുന്നത് അത് ദൈവവചനത്തിൻ്റെ പഴയ നിയമത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഉൽപ്പത്തിയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായത്തിൻ്റെ ആ പ്രാരംഭവാക്യങ്ങളിൽ കൈയിലും ഹാബേലും രണ്ടുപേരും ദൈവത്തിന് വഴിപാടർപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ കാണുന്നത് അവിടെ കാണുമ്പോൾ ഇതേ കാര്യം തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും ദൈവം കയ്യീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല എന്നാൽ ദൈവം ഹാബേനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു എന്തുകൊണ്ടാണ് ദൈവം കയ്യേനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിക്കാതിരുന്നത് ചിലർ പറയാറുണ്ട് കയ്യന് മോശപ്പെട്ട സാധനങ്ങളൊക്കെയാണ് ഈ ആകം കഴിക്കാനായിട്ട് വഴിപാടായിട്ട് കൊണ്ടുവന്നത് അങ്ങനെ അങ്ങനെ ആകാം അങ്ങനെ ആയിക്കൂടുന്നില്ല എന്നാൽ ഒന്നാമത് ദൈവം നോക്കിയത് അവനെയാണ് കയ്യനെയാണ് കയ്യീനെന്നെ നോക്കിയപ്പോൾ കയ്യനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു അപ്പോൾ ഒന്നാമത് ദൈവം നോക്കുന്നത് ആ വ്യക്തിയെയാണ് അവൻ്റെ കയ്യന്റെ നിലപാടെന്തായിരുന്നു കയ്യന് വഴിപാട് കഴിക്കാനായിട്ട് വന്നു പക്ഷേ അവന് ദൈവത്തിനായിട്ട് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന അങ്ങനെ ഒരു പൂർണ്ണ മനസ്കത അവൻ്റെ ജീവിതത്തിൽ കണ്ടില്ല അതുകൊണ്ടാണ് കൈയിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാതിരുന്നത് അതേസമയം ഹാബേലിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചത് എന്തുകൊണ്ടാണ് അവിടെയും ഹാബേലിലും അവൻ്റെ വഴിപാടിലും ഒന്നാമത് ഹാബേലിലാണ് നോക്കുന്നത് ഹാബേലിൽ നോക്കിയപ്പോൾ അവനൊരു പൂർണ്ണ മനസ്കനായിട്ട് താന് ദൈവത്തിനായിട്ട് വഴിപാടർപ്പിക്കുമ്പോൾ ഒന്നാമത് അതിനായിട്ട് പൂർണ്ണമായിട്ട് അതിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നവനായിട്ട് അവനെ കണ്ടു പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞു വന്നത് ക്രിസ്തു സഭയ്ക്കായിട്ട് പൂർണ്ണമായിട്ട് നൽകി നമ്മളും പൂർണ്ണമായിട്ട് ഒന്നാം സ്ഥാനം ജീവിതത്തിൽ ഒന്നാം സ്ഥാനം സഭയുടെ പണിക്കായിട്ട് നൽകണം എന്ന് പറഞ്ഞിടത്താണ് നമ്മൾ ആദ്യത്തെ വഴിപാടുകളെ കുറിച്ച് ചിന്തിച്ചത് നാമ ഹാബേലിനെ പോലെ പൂർണ്ണമായിട്ട് ദൈവത്തിനായിട്ട് ഈ പ്രവർത്തിക്കായിട്ട് നൽകിയാൽ ദൈവം പ്രസാദിക്കും എന്നാൽ കായിനെ പോലെ പൂർണ്ണമായിട്ട് നൽകാതിരുന്നാൽ ദൈവം അതിൽ പ്രസാദിക്കേയില്ല എന്നാണ് നമ്മളെ കാണുന്നത് നമ്മളെ തുടർന്നും ബൈബിളിൽ മുന്നോട്ട് നോക്കുമ്പോൾ ഇതേ നിലയിൽ പൂർണമായി നൽകിയെടുത്താണ് ദൈവത്തിൻ്റെ പ്രസാദമുണ്ടായത് എന്ന് കാണാൻ കഴിയും നമ്മളെ ഉൽപ്പത്തി പുസ്തകം ഇരുവ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ അബ്രഹാം പൂർണമായിട്ട് ഒരു യാഗം നൽകിയത് നമ്മൾ കാണുന്നുണ്ട് തന്നെത്താൻ ക്രിസ്തു സഭയ്ക്കായി നൽകിയെന്ന് പറഞ്ഞതുപോലെ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ ഓ നല്ല വാർദ്ധക്യത്തിൽ ഇനിയും ഒരു കുഞ്ഞ് ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ ഇല്ലാതിരിക്കെ ദൈവം വാഗ്ദാനം ചെയ്ത് ഇസാക്കിനെ ലഭിച്ചു എന്നാൽ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടിൽ നമ്മൾ കാണുന്നത് നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ ഈ പറഞ്ഞ ഇസാക്കിനെ വാഗ്ദത്ത പ്രകാരം ജനിച്ച ദൈവദൃഷ്ടിയിൽ ഏകജാതൻ അപ്പോൾ അവനെ നീ എന്തു ചെയ്യണം മോറിയാമലെ ഞാന് പറയുന്ന സ്ഥലത്ത് യാഗം അർപ്പിക്കുക എന്ന് ദൈവം പറഞ്ഞപ്പോ സാധാരണഗതിയിൽ തൻ്റെ മുഴുവൻ അർപ്പിക്കുന്ന ഒരു യാഗമാണ് ദൈവം ആവശ്യപ്പെട്ടത് എന്നാൽ അബ്രഹാം അതിൻ്റെ മുമ്പാകെ കൈയിനെ പോലെ അർത്ഥമനസ്കനായിട്ട് പകുതി മനസ്സോടെ നിന്നില്ല മറിച്ച് അബ്രഹാം എന്ത് ചെയ്തു ഹാബേലിനെ പോലെ പൂർണ്ണ മനസ്സോടെ താന് ഇസാക്കിനെ മോറിയാമലെ യാഗമർപ്പിക്കാനായിട്ട് കൊണ്ടുവരുന്നതാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടിലെ നമ്മൾ കാണുന്നത് അവിടെ ദൈവം കത്തി ഉയർത്തിയപ്പോൾ മതീനിൻ്റെ കൈ പിൻവലിക്കുന്ന പറഞ്ഞ് ഇസാക്കിനെ അങ്ങനെ അക്ഷരാർത്ഥത്തിലൊരു ബലിയിലൂടെ കടത്തി വിട്ടില്ലെങ്കിലും പിന്നീട് നമ്മൾ ദൈവവചനത്തിൽ അബ്രഹാമിനെക്കുറിച്ച് പറയുന്നിടത്ത് അബ്രഹാം വിശ്വാസത്തിൽ തൻ്റെ മകനെ യാഗം കഴിച്ചു എന്ന് തന്നെയാണ് പറയുന്നത് നമ്മളെബ്രാഹർ കഴിഞ്ഞ ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ നമ്മളങ്ങനെയാണല്ലോ ഒരു രേഖപ്പെടുത്തിയതായിട്ടാണ് നമ്മൾ വായിക്കുന്നത് അപ്പം നോക്കുക അവിടെ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടിൽ മോറിയാമലയിൽ ദൈവം പറഞ്ഞെടുത്ത് മകനെ കൊണ്ടുവന്ന് തൻ്റെ വാർധക്യത്തിൽ ജനിച്ച ഏകജാതനായ ഇസ്ഹാക്കിനെ തൻ്റെ ആ വാഗ്ദത്വത്തിൻ്റെ പ്രവൃത്തി തുടരുന്ന കണ്ണിയായിട്ട് നിൽക്കാവുന്ന ഇസ്ഹാക്കിനെ കൊണ്ടുവന്ന് യാഗം കഴിക്കാൻ പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ പൂർണ്ണ മനസ്കനായിട്ട് അബ്രഹാം തനിക്കുള്ളതെല്ലാം അതിനായിട്ട് നൽകി അവിടെ ദൈവം എന്തു ചെയ്തു അവിടെ ദൈവം പ്രസാദിച്ചു ഇതേ കാര്യം തന്നെ ബൈബിളിൽ പിന്നെയും നമ്മൾ കാണുന്നുണ്ട് ദാവീദിൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവിടെ രണ്ട് ശമുഖനി ഇരുപത്തിനാലാം അധ്യായം നമ്മൾ ആ ചരിത്രങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട് നമ്മൾ വിശദീകരിക്കുന്നില്ല അവിടെ ഒർന്നാൻ്റെ കളത്തിന് അരികെ സംഹാരദൂതൻ നിൽക്കുന്നത് കണ്ടപ്പോൾ ദാവീദ് എന്തോ ചെയ്തു ദാവീദ് അവിടെ യാഗം കഴിക്കുന്നതാണ് രണ്ട് ചമയിൽ ഇരുപത്തിനാലിൻ്റെ ഇരുപത്തിനാലിൽ ഓർന്നാൻ ഉടനെ പറഞ്ഞു ദാവീദ് ഇത് യാഗം കഴിച്ചുകൊള്ളുക ഞാൻ അതിന് വേണ്ട ക്രമീകരണം ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ രണ്ട് ചുമതൽ ഇരുപത്തിനാലിൻ്റെ ഇരുപത്തിനാലിൽ പറ ദാവീദ് പറയുന്നത് എന്താ ഞാന് എനിക്ക് ഞാൻ തന്നെ അതിനും മുതല മുടക്കാതെ ഞാനൊരു യാഗം കഴിക്കുകയില്ല എന്നാണ് ദാവീദ് അവിടെ പറയുന്നത് കണ്ടോ നമ്മൾ പറഞ്ഞു വന്നത് ഹാബേലി യാഗം കഴിച്ചപ്പോൾ പൂർണ്ണ മനസ്കനായിരുന്നു അബ്രഹാം യാഗം കഴിച്ചപ്പോൾ പൂർണ്ണമനസ്കനായിരുന്നു ഇവിടെ ദാവീദ് ഓർണാൻ്റെ കളത്തിനരികെ അവിടെ ദൈവത്തിനായിട്ട് യാഗം കഴിച്ചു ആ യാഗം കഴിച്ചപ്പോഴും ഞാൻ ദൈവത്തിനായിട്ട് യാഗം അർപ്പിക്കുകയില്ല എന്ന തൻ്റെ നിലപാട് ദാവീത് അവിടെ പ്രഖ്യാപിക്കുന്നു ദൈവം ആ യാഗത്തിൽ പ്രസാദിക്കുകയും സംഹാരദൂതനെ അവിടെ നിന്ന് അവൻ്റെ അവനെ പിൻവലിപ്പിക്കുകയും ചെയ്യുന്നത് നമ്മൾ രണ്ട് ക്ഷമകലി ഇരുപത്തിനാലിൽ വായിക്കുന്നു പ്രിയപ്പെട്ടവര് നമ്മൾ പറഞ്ഞത് ഈ ഓർണാൻ്റെ കളവും ഒക്കെ നമ്മൾ ബൈബിളിൻ്റെ അതിൻ്റെ ഭൂപ്രകൃതി മനസ്സിലാക്കുമ്പോൾ അവിടെ മോറിയ ആ ദേശം തന്നെയാണ് ആ പ്രദേശം തന്നെയാണ് ഒടുവിലായിട്ട് ദൈവം ദൈവത്തിന് നിരന്തര യാഗങ്ങൾ കഴിക്കാനായിട്ട് ഒരു ദേവാലയം പണിയുന്നതിനായിട്ട് ദൈവം ഈ ഭൂമിയിൽ ഒരു സ്ഥലം തിരഞ്ഞെടുത്തപ്പോഴോ രണ്ട് ദിനവൃത്താന്തം മൂന്നാമധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം നോക്കുക ശലോമോന് എവിടം ആ ദേവാലയം പണിയേണ്ടതെന്നാണ് പറഞ്ഞത് നേരത്തെ അബ്രഹാം തൻ്റെ മകനെ ബലിയർപ്പിച്ച മോറിയാമലയിൽ അല്ലെങ്കിൽ ആ ദാവീദ് താൻ ചെലവുള്ള യാഗം കഴിച്ച ആ മോറിയായുടെ ആ പ്രദേശത്ത് ആ പ്രദേശത്ത് തന്നെയാണ് ദൈവത്തിനായിട്ട് നിരന്തരം യാഗങ്ങൾ നടക്കണ്ട ആലയം പണിയാൻ ദാ മകനായ ശലോമോനോട് ദൈവം കൽപ്പിക്കുന്നത് രണ്ട് ദിനവൃത്താന്തം മൂന്നിൻ്റെ ഒന്ന് വായിച്ചാൽ ആ പ്രദേശമാണ് ദൈവം തെരഞ്ഞെടുത്തത് കാണാൻ ചെയ്യും പ്രിയപ്പെട്ടവര് നമ്മൾ എന്താണ് ഈ പറഞ്ഞു വന്നത് നമ്മൾ പറഞ്ഞു വന്നത് ദൈവത്തിനൊരു നിർമ്മലമായ സാക്ഷ്യം ഉണ്ടാകണം ആ സാക്ഷ്യം സഭയിലൂടെയാണ് ആ സഭ ദൈവമാണ് പണിയുന്നത് എന്നാൽ ദൈവത്തോടൊപ്പം നമ്മളെ സഹപ്രവർത്തിക്കാരായിട്ട് നിൽക്കണം നമ്മളങ്ങനെ സഹപ്രവർത്തിക്കാരായിട്ട് നിൽക്കുമ്പോൾ നമ്മളതിനായിട്ട് പൂർണ്ണ മനസ്കരായിരിക്കണം എന്നിട്ട് ദൈവ ദൈവ വചനത്തിൽ ഉടനീളം പൂർണ്ണ മനസ്കരായിട്ട് ആ യാഗമർപ്പിക്കാൻ ദൈവത്തെ ആരാധിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തിടത്താണ് ദൈവം പ്രസാദിച്ചത് എന്നുള്ള ഭാഗങ്ങളാണ് നമ്മളെ ചിന്തിച്ചത് ഹാബേലിൻ്റെ കാര്യത്തിൽ അബ്രഹാമിൻ്റെ കാര്യത്തിൽ ദാവീദിൻ്റെ കാര്യത്തിൽ ഒടുവിൽ ശലോമോൻ ദേവാലയം പണിയും എല്ലാം പൂർണ്ണ മനസ്കനായിട്ട് അതിനായിട്ട് കർത്താവ് തന്നെത്താൻ സഭയ്ക്കായിട്ട് ഏൽപ്പിച്ചു നൽകിയതുപോലെ അങ്ങനെ നൽകിയയിടത്താണ് ദൈവം പ്രസാദിച്ചത് അങ്ങനെ നമ്മളും ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രമേ വെളിപ്പാട് ഇരുപത്തൊന്നിൻ്റെ രണ്ടിൽ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെതായ ഒരു എതിശ്ലീമിൻ്റെ പണിക്കായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുള്ളൂ അങ്ങനെയല്ലാതെ ഏതെങ്കിലും സ്വാർത്ഥമായ താല്പര്യത്തോടെ നമ്മൾ ചെയ്താൽ വെളിപ്പാട് പതിനേഴിലും പതിനെട്ടിലും ഒക്കെ കാണുന്നത് പോലെ ഒരു മഹരിയാം ബാബിലോൺ ഒരു ബാബിലോണിയ പണിക്കാ പണിയാണ് നമ്മൾ പലപ്പോഴും ചെയ്യുക അതുകൊണ്ട് ദൈവവചനത്തിൽ കാണുന്ന ഈ മാതൃകകളെടുത്ത് ക്രിസ്തുവിൻ്റെ മാതൃകയെടുത്ത് നമുക്കും തന്നെത്താൻ പൂർണമായിട്ട് ഈ പണിക്കായിട്ട് നൽകാം സഭയുടെ പണിക്കായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നമ്മെ തന്നെ പൂർണമായിട്ട് നൽകുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജോലിയെല്ലാം ഉപേക്ഷിച്ച് രാജിവെച്ച് ഇറങ്ങുക എന്നുള്ളതല്ല നമ്മൾ നമുക്കറിയാമല്ലോ നമ്മുടെ ജീവിതത്തിൽ അതിനായിരിക്കണം ഒന്നാം സ്ഥാനം എന്നാൽ നമ്മൾ നമ്മളെ തന്നെ പിന്തുണയ്ക്കുന്ന നിലയിൽ സെക്കുലറായ ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു നിർമ്മലമായ സാക്ഷ്യം ഉണ്ടാകാൻ നല്ലത് കാരണം പൂർണ്ണസമയ സുവിശേഷകരായിട്ട് ഇറങ്ങിയ പലരും പണത്തെ സ്നേഹിക്കുകയും പണത്തിൻ്റെ പേരിൽ വലിയ തങ്ങളുടേതായ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുകയൊക്കെ ചെയ്ത് ദൈവത്തിനൊരു നിർമ്മലമായ സാക്ഷ്യം അല്ലാതായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളെന്താ ചെയ്യുന്നത് നമ്മൾ ഈ കാര്യത്തിനായിട്ട് നേതൃത്വം നൽകുന്നവർ പോലും അവർ ഒരു സെക്കുലറായ ജോലി ചെയ്ത് തങ്ങളെ തന്നെ തങ്ങളുടെ കുടുംബത്തിൻ്റെയും കാര്യങ്ങൾ അങ്ങനെ അവർ സ്വയം പിന്തുണയ്ക്കുകയും ഈ പണം എന്ത് ദൈവസഭയിൽ വരുന്നത് ദൈവികമായ പ്രവർത്തിക്കായിട്ട് പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയായിരിക്കും ഇന്നൊരു നിർമ്മലമായ സാക്ഷ്യത്തിന് നല്ലത് പ്രിയപ്പെട്ടവരെ നമ്മൾ വളരെ വേഗം നമുക്ക് ഒരു നിർമ്മലമായ സാക്ഷ്യം സഭയുടെ സഭയിലൂടെ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് വളരെ വേഗത്തിൽ അക്കമിട്ട ചില കാര്യങ്ങൾ നോക്കാം വ്യക്തിപരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അതിന് വേണ്ടത് ദൈവഭയമാണെന്ന് നമ്മൾ കണ്ടു രണ്ട് ഗുരിന്തർ ഏഴിൻ്റെ ഒന്ന് ദൈവഭയത്തിൽ നമ്മൾ വിശുദ്ധിയെ തേക്കണം നിന്നെ തന്നെയും നിൻ്റെ ഉപദേശത്തെയും അതുപോലെ റോമർ ഏഴിൻ്റെ പതിനെട്ട് ഇരുപത്തിനാല് വാക്യങ്ങൾ ആ അധ്യായത്തിൽ തന്നെ തുടർന്ന് വരുമ്പോൾ ആ അധ്യായത്തിലല്ല റോമർ ഏഴിൻ്റെ പതിനെട്ട് ഇരുപത്തി നാല് വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് തൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം താന് എൻ്റെ ഒരു ഏറ്റുപറച്ചിൽ നമ്മൾ കാണുന്നുണ്ട് താന് വിശ്വാസത്തിൽ മുന്നോട്ട് പോയി താന് ദൈവത്തിൻ്റെ മുമ്പാകെയും മനുഷ്യരുടെ മുമ്പാകെയും പല നിലയിൽ നല്ലൊരു സാക്ഷ്യത്തോടെ ജീവിക്കുമ്പോൾ പോലും തന്നിലെ ആഴത്തിലുള്ള പാപകരമായ പല കാര്യങ്ങളെ കണ്ട് താന് അയ്യോ ഞാനൊരനിഷ്ട മനുഷ്യൻ ഈ പാപത്തിനധീനമായ ശരീരത്തിൽ നിന്ന് ആറ് വിടുവിക്കും എന്നൊരു നിലവിളി നിരന്തരം കൊണ്ട് നടന്നിരുന്നു നാമും ആ ഒരു നിലവിളി ഉള്ളവരായിരിക്കണം നമ്മളെ സഭയിൻ്റെ കുറേ വർഷങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ആർക്കും നമ്മളെക്കുറിച്ചൊരു കുറ്റം പറയാനില്ല എന്നാൽ ദൈവീകമായ വെളിച്ചത്തിൽ നമ്മൾ നമ്മളെ തന്നെ കാണുമ്പോൾ നമ്മുടെ വാക്കിൽ വിചാരത്തിലെ പ്രവർത്തനങ്ങളിലൊക്കെയും നമുക്ക് ചില കുറവുകൾ കാണാൻ കഴിയും അതിൻ്റെ മുൻപാകെ നിരന്തരം ഒരു അനുതാപം കൊണ്ട് നടക്കുന്നവരാകണം അപ്പോൾ വ്യക്തിപരമായിട്ട് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് നിരന്തരം ദൈവഭയത്തിൽ വിശുദ്ധിയെ തേക്കുന്നവരായിരിക്കണം രണ്ട് നിരന്തര ഒരു അനുതാപം കൊണ്ട് നടക്കുന്നവരായിരിക്കണം അതുപോലെ തന്നെ സഭയുടെ ഉപദേശങ്ങളിൽ ഒരു നിർമ്മല സാക്ഷ്യം നൽകുന്ന ഉപദേശങ്ങൾക്കാണ് നമ്മൾ കൂടുതൽ ഊന്നൽ നൽകേണ്ടത് ഉദാഹരണത്തിന് ശിഷ്യത്വം ശിഷ്യത്വം ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാലാമത്തെ അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ടല്ലോ ആ ശിഷ്യത്വത്തിന് മൂന്ന് പടികളാണുള്ളത് നമ്മളതൊക്കെയും പറയാറുണ്ട് ആ പതിനാലിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ നാം കർത്താവിനെ നമ്മുടെ ബന്ധങ്ങളെക്കാൾ അധികമായിട്ട് സ്നേഹിക്കണം ഗ്ലൂക്കോസ് പതിനാല് ഇരുപത്തി ആറ് രണ്ടാമത് അതിൻ്റെ അടുത്ത വാക്യത്തിൽ ഗ്ലൂക്കോസ് പതിനാല് ഇരുപത്തേഴ് നമ്മളെക്കാൾ അധികമായിട്ട് നമ്മുടെ കർത്താവിനെ സ്നേഹിക്കണം അതിനായിട്ട് നമ്മൾ ദിനംതോറും നമ്മളെ തന്നെ തിയജിക്കുകയും ക്രോശ് വേണം ഗ്ലൂക്കോസ് ഒൻപത് ഇരുപത്തി മൂന്നാമതായിട്ട് നമുക്ക് ഭൂമിയിലുള്ള ദൈവം തന്നിട്ടുള്ള പൊസക്ഷൻസിനേക്കാളും നമുക്ക് ദൈവം തന്നിട്ടുള്ള സ്വത്തുക്കളെക്കാളും അതിനേക്കാളേറെ യേശുവിനെ സ്നേഹിക്കണം ലൂക്കോസ് പതിനാല് മുപ്പത്തി മൂന്ന് ഇങ്ങനെ ഈ ശിഷ്യത്വത്തിൻ്റെ ഈ പടികളെക്കുറിച്ച് നമ്മൾ പ്രസംഗിക്കുന്നത് എന്തിനാണ് മിക്കപ്പോഴും നമ്മളത് പ്രസംഗിക്കാറുണ്ടല്ലോ കാരണം കേവലം ഒരു വിശ്വാസിയായിരുന്നാൽ ഒരു നിർമ്മലമായ സാക്ഷ്യം നമുക്ക് നൽകാനായിട്ട് കഴിയില്ല മറിച്ച് നമ്മൾ ഈ ശിഷ്യത്വത്തിൻ്റെ വഴിയിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് നമ്മുടെ ബന്ധങ്ങളെക്കാൾ നമ്മുടെ നമ്മുടെ ജീ സ്വയജീവനേക്കാൾ നമ്മുടെ സ്വത്തുക്കളേക്കാൾ എല്ലാം ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് അങ്ങനെ ഒരു ശിഷ്യനായി ജീവിച്ചാൽ അത് സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ലളിതമാക്കും കൂടുതൽ നിർമ്മലമാക്കും നമുക്കൊരു നിർമ്മലമായ സാക്ഷ്യം നൽകാനായിട്ട് കഴിയും രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് മത്തായി അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളിലെ കാണുന്ന ഗിരിപ്രഭാഷണത്തിനും നമ്മൾ ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ ഒരു വലിയ സ്ഥാനം കൊടുക്കാറുണ്ട് ഇന്ന് ഇന്ന് നമ്മുടെ ചുറ്റും കാണുന്ന ക്രിസ്തീയ വിഭാഗങ്ങളിൽ ഗിരിപ്രഭാഷണത്തെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ പലരും സംസാരിക്കാറുള്ളൂ എന്നാൽ ഗിരിപ്രഭാഷണത്തിന് എന്തുകൊണ്ടാണ് നമ്മൾ ഈ കാര്യത്തിന് ഊന്നൽ നൽകുന്നത് കാരണം ബാഹ്യമായ ഒത്തിരി അനുസരണത്തെ ഈ ഗിരിപ്രഭാഷണം ആന്തരികമാക്കും നമുക്കറിയാം കൊല ചെയ്യരുത് ബാഹ്യമായ കാര്യമാണ് ദേഷ്യപ്പെടരുത് എന്നുള്ളത് ആന്തരികമായ കാര്യമാണ് വ്യഭിചാരം ചെയ്യരുത് ബാഹ്യമായ കാര്യമാണ് എന്നാൽ ദുർമോഹത്തോടെ നോക്കരുത് എന്നുള്ളത് ആന്തരികമായ കാര്യമാണ് അങ്ങനെ ബാഹ്യമായ ഒട്ടേറെ കാര്യങ്ങളെ കർത്താവെടുത്ത് അതിനെ ആന്തരികമാക്കുന്നതാണ് ഗിരിപ്രഭാഷണത്തിൽ നമ്മൾ കാണുന്നത് അതുകൊണ്ട് നമ്മളും എന്ത് വേണം നമുക്ക് ഒരു നിർമ്മലമായ സാക്ഷ്യമുണ്ടാകണമെങ്കിൽ ഈ ഒരു ഉപദേശമെന്നുള്ള നിലയിൽ ഗിരിപ്രഭാഷണത്തിന് നമ്മൾ ഊന്നൽ നൽകണം അപ്പോൾ നമ്മൾ ഒന്നാമത് ശിഷ്യത്വത്തെ കുറിച്ച് പറഞ്ഞു രണ്ടാമത് നമ്മൾ പറഞ്ഞു ഗിരിപ്രഭാഷണത്തിനും ആ നിലയിൽ ഒരു ഊന്നൽ നൽകണം നമ്മൾ അത് എന്ത് പ്രസംഗിക്കുമോ അതിനനുസരിച്ചായിരിക്കും ക്രമേണ ആളുകളുടെ ജീവിതം രൂപപ്പെടുന്നത് അതുകൊണ്ട് ഈ കാര്യങ്ങൾ ആവർത്തിച്ച് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും നമ്മുടെ സഭയുടെ കൂടിയൊരുവുകളിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെ ഈ ഗിരിപ്രഭാഷണത്തെ യേശു ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കണ്ടു അതിന് അവിടുന്ന് അതിനെ മൂന്ന് മൂന്ന് ദൃഷ്ടാന്തങ്ങളിലൂടെ ഗിരിപ്രഭാഷണത്തെ കർത്താവ് മത്തായി അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഒന്നെന്ന് പറയുന്നത് ഈ പ്രഭാഷണത്തിലെ ഗിരിപ്രഭാഷണത്തിലെ തൻ്റെ ഉപദേശങ്ങൾ നിത്യജീവനിലേക്ക് നയിക്കുന്ന ഇടുങ്ങിയ വഴിയായിട്ട് കർത്താവ് ചിത്രീകരിച്ചു അപ്പോൾ ഒരു വലിയ വഴിയുണ്ട് വീതിയുള്ള വഴിയുണ്ട് ഇടുങ്ങിയ വഴിയുണ്ട് ഗിരിപ്രഭാഷണത്തിൻ്റെ ഈ ആന്തരിക വഴി അതായത് ദൈവം ജീവിക്കുന്ന ഈ വഴി ഒരു ഇടുങ്ങിയ വഴിയാണ് പക്ഷേ ഈ ഇടുങ്ങിയ വഴി ആത്യന്തികമായിട്ട് നമ്മളെ എവിടെ കൊണ്ടുചെന്ന് എത്തിക്കും നിത്യജീവനിലേക്ക് എത്തിക്കും അതുപോലെ തന്നെ അവിടെ കർത്താവ് പറഞ്ഞു രണ്ട് തരം വൃക്ഷങ്ങൾ മറ്റായി ഏഴ് സുവിശേഷം ഏഴിൻ്റെ പതിനാറ് ഇരുപത് വാക്യങ്ങൾ നോക്കുക രണ്ട് വൃക്ഷങ്ങൾ ഫലം നൽകുന്ന വൃക്ഷങ്ങളും ഫലം നൽകാത്തവയും ഗിരിപ്രഭാഷണത്തിൻ്റെ അന്തസ്സത്തെ ഉൾക്കൊണ്ട് നമ്മൾ ജീവിച്ചാൽ മാത്രമേ ഫലം നൽകുന്ന വൃക്ഷങ്ങളായിട്ട് നമുക്കായിരിക്കാൻ കഴിയുള്ളൂ മൂന്നാമത് കർത്താവ് പറയുന്നു ഒരു ഇളകാത്ത അടിസ്ഥാനത്തിൽ പടുത്തുയർത്തുന്ന ഒരു പണി മത്ത ഏഴിൻ്റെ ഇരുപത്തിനാല് ഇരുപത്തേഴ് കണ്ടോ അപ്പം ഗിരിപ്രഭാഷണം എത്ര പ്രധാനപ്പെട്ടതാണ് അത് വളരെ ആന്തരികമാണ് അത് വളരെ ഇടുങ്ങിയ വഴിയാണ് അതിനൊരു വില കൊടുക്കണം എങ്കിലും അതാണ് നിത്യജീവനിലേക്ക് നയിക്കുന്ന ഇടുങ്ങിയ വഴി ഫലം നൽകുന്ന വൃക്ഷം അതാണ് കോളിളക്കത്തിൽ വീണു ഇളകാത്ത അടിസ്ഥാനമുള്ള പണി അതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഗിരിപ്രഭാഷണത്തിൻ്റെ അന്തസ്സത്തെ ഉൾക്കൊണ്ട് നമ്മൾ ജീവിക്കണം മൂന്നാമതായിട്ട് പരിശുദ്ധാത്മാവിന് നമ്മളൊരു വലിയ ഊന്നൽ നൽകണം അപ്പോ സ്ഥലപ്രവൃത്തി ഒന്നിൻ്റെ എട്ടിൽ നമ്മൾ കാണുന്നല്ലോ എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ അത് നിങ്ങൾക്ക് ശക്തി ലഭിക്കും നമുക്ക് ശിഷ്യത്വത്തിൻ്റെ ഒരു ജീവിതം ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു ജീവിതം ഒക്കെ നയിക്കാനുള്ള ശക്തി എവിടെ നിന്നാണ് ലഭിക്കുന്നത് നമ്മുടെ തന്നെ ശക്തിയിലല്ല മറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ് എഫ് എസ് എസ് അഞ്ചിന്റെ പതിനെട്ടില് അതുകൊണ്ട് പറയുന്നു ബി ഫീൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരാവുക കണ്ടോ അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവ് ആ ഒരു ജീവിതം പരിശുദ്ധാത്മാവിന്റെ നിറവുള്ള ഒരു ജീവിതം അതും നമ്മൾ ഒരു ഉപദേശം നിലയിൽ ഊന്നി പറയും നാലാമത് നമ്മൾ ദൈവത്തെ സ്വർഗസ്ഥനായ ദൈവത്തെ ഒരു പിതാവായിട്ട് എപ്പോഴും ഊന്നിപ്പറയും അതുകൊണ്ട് എന്താ അതുകൊണ്ട് നമുക്ക് പിശാജിൻ്റെ കുറ്റബോധങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം നമ്മൾ എബ്രാഹർ എട്ടിലും എബ്രാഹർ പത്തിലും പലപ്പോഴും പറയാറുണ്ടല്ലോ കർത്താവന്യയും നമ്മുടെ ഒരു പിതാവാണ് അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും മക്കളൊരു തെറ്റ് ചെയ്താലും പിതാവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞാൽ പിതാവിന്തിയും അത് ക്ഷമിക്കുകയും അവിടുന്ന് മറക്കുകയും ചെയ്യും എന്തുകൊണ്ടാണ് അവിടെ നിന്ന് അത് മറക്കുകയും ചെയ്യുമെന്ന് കാരണം നമ്മൾ പഴയ നിയമത്തിൽ കാണുമ്പം പഴയ നിയമത്തിൽ പാപങ്ങള് ദൈവം അതിനെ കവറ് ചെയ്യുക മാത്രമായിരുന്നു മറയ്ക്കുക മാത്രമായിരുന്നു എന്നാൽ പുതിയ ഉടമ്പടി വന്നപ്പോഴോ ദൈവം പാപങ്ങളെ തൻ്റെ രക്തത്താൽ മായ്ക്കുകയാണ് ചെയ്യുന്നത് മായ്ച്ചാൽ പിന്നെ അതവിടെ ഇല്ല മറച്ചാലോ മറച്ചാൽ ആ മറയെടുത്ത് മാറ്റുമ്പോൾ അതവിടെ തന്നെ ഉണ്ട് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ പഴയ നിയമത്തിൽ ദൈവം പാപത്തെ മറയ്ക്കുകയാണ് അതിനെ കവറ് ചെയ്യുകയാണ് എന്നാൽ പുതിയ നിയമത്തിലോ ദൈവം ആ പാപത്തെ നമ്മൾ ഏറ്റുപറയുമ്പോൾ അതിനെ മായ്ച്ചു വായിച്ചു കളഞ്ഞാൽ പിന്നീടത് അവിടെ ഇല്ല അതുകൊണ്ട് അത് മറന്നു കളഞ്ഞു കർത്താവ് ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യും ഒടുവിലായിട്ട് നമ്മൾ ക്രിസ്തു എന്ന തലയോളം വളരുന്നതിന് നമ്മൾ ഊന്നൽ കൊടുക്കാറുണ്ട് നമ്മളെ ബ്രായർ രണ്ടിൻ്റെ പതിനേഴ് നാലിൻ്റെ പതിനേ പതിനഞ്ച് ഒന്നിയോഹന രണ്ടിൻ്റെ ആറ് ഇവിടെയൊക്കെ വായിക്കുന്നത് യേശു നമുക്ക് മുന്നോടിയായിട്ട് പോയി യേശുവിനെ നമ്മൾ മാതൃകയായിട്ട് കണ്ട് നമ്മളെ ജീവിക്കണം ഈ അഞ്ച് കൂട്ടം കാര്യങ്ങളാണ് നമ്മൾ ഉപദേശങ്ങൾ എന്നുള്ള നിലയിൽ ഊന്നൽ നൽകി എപ്പോഴും പറയുന്നത് അങ്ങനെ പറയുമ്പോൾ ഇതിലൂടെ എന്താ സംഭവിക്കുന്നത് ഒരു നിർമ്മലമായ ഒരു ജീവിതം ലഭ്യമാകും ഒന്ന് ശിഷ്യത്വമാണ് പറഞ്ഞത് രണ്ട് ഗിരിപ്രഭാഷണത്തെക്കുറിച്ചാണ് പറഞ്ഞത് മൂന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെക്കുറിച്ചാണ് പറഞ്ഞത് നാല് പിതാവ് ദൈവം നമ്മുടെ പിതാവാണെന്നുള്ള ബോധ്യം എപ്പോഴും കൊണ്ട് നടക്കണം അത് നമ്മൾ പിശാലിൻ്റെ കുറ്റബോധങ്ങളെ അതിജീവിക്കാൻ നമ്മളെ സഹായിക്കും അഞ്ചാമത് കർത്താവ് നമുക്ക് മുന്നോടിയാണ് കർത്താവിൻ്റെ പാതകളെ നമ്മൾ പിന്തുടരണം അതിനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് ഈ അഞ്ച് കാര്യങ്ങൾ ഒരു ഉപദേശങ്ങളെന്നുള്ള നിലയിൽ നമ്മുടെ ഈ സഭയിൽ നമ്മൾ ആവർത്തിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഈ ഉപദേശങ്ങൾ പറയുകയും അതിനെ ഏറ്റെടുക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതം വളരെ നിർമ്മലമായി തീരും അങ്ങനെ നമുക്കൊരു സഭയെന്നുള്ള നിലയിൽ ദൈവത്തിനായിട്ട് ഒരു നിർമ്മലമായ സാക്ഷ്യം ആയിരപ്പാനായിട്ട് കഴിയും ദൈവം അതാണല്ലോ ആഗ്രഹിക്കുന്നത് മലാഖി ഒന്നിൻ്റെ പതിനൊന്നിൽ നമ്മൾ വായിച്ചു എല്ലായിടത്തും കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ അവിടെ നമ്മൾ വായിക്കുന്ന സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമാനം വരെ നിർമ്മലമായ ഒരു സാക്ഷ്യം എനിക്ക് എല്ലായിടത്തും ഉണ്ടാകണം സൂര്യൻ്റെ ഉദയം എവിടെ കിഴക്കാണ് അപ്പൊ കിഴക്കൻ നാടുകൾ മുതൽ അസ്തമാനം പടിഞ്ഞാറാണ് പടിഞ്ഞാറൻ നാടുകൾ വരെ എല്ലായിടത്തും നിർബലമായ സാക്ഷ്യങ്ങളുള്ള പ്രാദേശിക സഭ കിട്ടിപ്പെടുക്കാനായിട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു അതിനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം ആ ഉപദേശങ്ങളെ ആത്മാർത്ഥമായിട്ട് നമുക്ക് സ്വീകരിക്കാം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അതിനൊപ്പം നമുക്ക് ചുവടുകൾ വയ്ക്കാം ദൈവം നമ്മെ സഹായിക്കും അവിടുന്ന് നമ്മളെ കൈവിടുകയില്ല ദൈവസന്നിധിയിൽ വലിയ പ്രാഗൽഭ്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം ദൈവം നമ്മോടൊപ്പമുണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ